എന്തൊരു കാറ്റും മഴയു ആയിത് വെള്ളം പൊങ്ങി പൊങ്ങി വരുവാങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മറത്തേക്ക് വന്ന് നോക്കണോ സുനിദേശി വരുന്നെങ്കി ഞാൻ പറയൂലേ ഹാ അമ്മേ വെള്ളം കേറി പടിക്കലോളം എത്തി മഴ പെയ്യണത് കണ്ടില്ലേ ഈ കണക്കിന് അകത്തേക്കും കേറും തീർച്ചയാ ഗോപി കാലത്ത് പോയതാണല്ലോ നേരെ സന്ധ്യ ആവാറായിട്ട് മനസ്സിനൊരു സ്വസ്ഥതയില്ലൊന്നും സുനിത അങ്ങോട്ട് പുറപ്പെടില്ല അവൾ അത്ര ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ അത് തന്നെ എനിക്കും പേടി ഈശ്വരാ വെള്ള എത്ര പെട്ടെന്ന് ഇങ്ങനെ ആരെങ്കിലും കരുതിയോ ഇതാ നോക്കമ്മേ ദോ നമ്മുടെ നേരത്തുമൊക്കൂടി ഒരു തോണി വരുന്നു അതില് പെണ്ണുങ്ങളും ഇങ്ങോട്ട് വരട്ടെ അവള് കാണട്ടെ ഞാൻ അവളെ ഞാൻ പറഞ്ഞു കരുതി ഈ പെരുമഴത്ത് തന്നെ അവൾ അറങ്ങി പുറപ്പെടുന്നോ അല്ലെങ്കിൽ എന്തിനാ അവളെ പറയുന്ന അച്ഛനും അമ്മയില്ലാത്ത ആ കുട്ടിക്ക് എല്ലാം ഞാനാ അച്ഛാ ഈ അമ്മക്ക് എന്നോടും ഏട്ടനോടും ഒക്കെ സ്നേഹം സുനിതേച്ചോടാ നേര എന്റെ ഏട്ടൻറെ മോളാ അവള് എനിക്കൊരു മോളില്ലാത്ത കുറവ് അവളാണ് നികത്തുന്നത് മനസ്സിലാവണില്ലല്ലോ അച്ഛണ്ടാവും അയ്യോ അമ്മേ അമ്മേതാ ആ തോണി സ്കൂളിന്റെ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു പോവുക എനിക്ക് ആകെ പേടിയാവൺ വെള്ളപ്പൊക്കം കെ ടി മുഹമ്മദ് എഴുതിയ നാടകം സംവിധാനം സി കൃഷ്ണകുമാർ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും പരമേശ്വരൻ നായർ വി നാരായണൻ ഗോവിന്ദൻ നായർ വിജയൻ വി നായർ കുഞ്ഞാലി ഹാജി രാജഗോപാലൻ കാരപ്പറ്റ അവർ മുഹമ്മദ് പേരാംബ്ര ഗോപി വിശ്വൻ നന്മണ്ട ഉസ്മാൻ ഹേമന്ത് കുമാർ മാങ്കാവ് സേതു ഡോ ബിജലി ജാനകി എൽ സി സുകുമാരൻ ബിയാത്തു ടി സൌജത്ത് സുബൈദ എ എൻ ജഷിതകുമാരി ഈ വെള്ളത്തിലൂടെ ഒന്ന് ചുറ്റി സഞ്ചരിക്കാരി പറഞ്ഞാ മനസ്സിലാവൂലും അത് ഞാൻ അച്ഛാ അമ്മയുടെ മനസ്സിൽ ഇപ്പോ സുനിതേച്ചി മാത്ര അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഈ മഴ പെയ്ക്കുന്നത് ഈശ്വരനാ എന്നാ ഈശ്വരനെ കണ്ണ് കാണൂല തീർച്ചയാ ഒന്നിച്ചിങ്ങനെ ഒറ്റയടിക്ക് പെയ്ച്ചിട്ടല്ലേ വെള്ളപ്പൊക്കം ഉണ്ടാവണത് എത്ര ആൾക്കാരാ മരിക്കണതും കഷ്ടപ്പെടുന്നതും ഈശ്വരനെ കൊറേശ കൊറേശ എല്ലാ സ്ഥലത്തും പെയ്ച്ചൂടെ ഈശ്വരൻ ചെയ്യുന്നതിന് ഞാനാണോ മറുപടി പറയുക നീ ഈശ്വരനോട് തന്നെ ഇത് മാത്രല്ല കൊറേ കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു അതില് നമ്മുടെ ഗോപിയേട്ടനും ഗോപിയേട്ടൻറെ കൂടെ ഉസ്മാ മാഷില്ലേ അമ്മേട്ടം വന്നോട്ടോ എവിടെ നമ്മുടെ ഉമ്മറത്തേക്ക് വരുന്ന തോണിയില്ലേ അതിലുണ്ട് ആ തോണിയിലും എന്റെ മോളെ കാണുന്നില്ലല്ലോ ഗോപി ടത്തും ബേജാറാവുന്നു വേണ്ട വല്ല തോണീരും കേറി നേരം കഴിഞ്ഞല്ലോ അമ്മ വിഷമിക്കണ്ട എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരും ഗോപി സ്കൂളിലൊക്കെ മഴയത്ത് പോയ തീരുവി അപ്പോഴാണെങ്കി ഇത്രയും വെള്ളവും ചെലപ്പോ ഞങ്ങളുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ടാവും സുനിതാനം പറഞ്ഞു പോയി നോക്ക് മക്കളെ അമ്മേ അച്ഛൻ വന്നാ ഞങ്ങൾ പുറപ്പെടായി സുനിതയും കൊണ്ടേ ഞങ്ങൾ തിരിച്ചു വരൂ ഉസ്മാനെ നിങ്ങളുടെ പ്രവർത്തനത്തിന് ഉസ്മാനെ അച്ഛന്റെ ഈ കാര്യം നാം സ്വീകരിക്കണം വർഷാവർഷം ഈ ദേശം അനുഭവിക്കുന്ന ഈ വെള്ളപ്പൊക്കം അതിൽ നിന്നും രക്ഷപ്പെടാൻ കിഴക്കും പാടത്ത് പണ്ട് കെട്ടാൻ തീരുമാനിച്ചു അമ്പലവും പള്ളിയും വെള്ളത്തിലാകുമെന്ന് പറഞ്ഞ് എതിർക്കാനാണ് ഇവിടെ ആളുണ്ടായത് എന്തിനാണ് ആ കാര്യങ്ങളൊക്കെ നീ ഓർമ്മിക്കുന്നത് അന്ന് അച്ഛൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അച്ഛൻ ആ എതിർപ്പുകാരുടെ കൂടെ നിന്നത് ഈ ഉസ്മാന്റെ വാപ്പ കുഞ്ഞാരി ഹാജി എന്തുകൊണ്ട് ആ ശ്രമത്തെ നിങ്ങൾ എല്ലാരും കൂടി എതിർത്തു ഇവിടത്തെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും വികാരത്തെ മാനിച്ച് അച്ഛാ ഇത്തരമൊരു സംവാദത്തിനുള്ള സമയമല്ലിത് സമുദായങ്ങളുടെ വികാരം അച്ഛൻ പറഞ്ഞല്ലോ ഈ വെള്ളപ്പൊക്കത്തെ മുന്നെത്തി ആ വികാരത്തെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയോസ് പോകാം നമുക്കറിയാവുന്നതാണ് അമ്പലവും പള്ളിയും ഒന്നും പ്രശ്നം ഇവിടുത്തെ ജന്മികളായിട്ട് കുറച്ചുപേരുണ്ടല്ലോ രണ്ട് സമുദായങ്ങളിലായിട്ട് അവരുടെ കൃഷിനലങ്ങൾ വെള്ളത്തിലാവും ആരാധനാലയങ്ങളുടെ പേര് പറഞ്ഞ് അവരായിരുന്നു ആ പിന്നിൽ ഗോപിയുടെ അച്ഛൻ അത് മനസ്സിലാക്കാതെ പോയി അതെ ഇന്ന് ഇപ്പൊ ഞാൻ മറുപടി പറയുന്നു ഞാൻ തരുന്ന സംഭാവന ധിഖരിക്കുന്ന നിങ്ങൾക്ക് അത് മനസ്സിലാകും നിങ്ങൾ ഇപ്പൊളൂ അയ്യോ അച്ഛ അയ്യോ ഗോപിയേട്ടാ അദ്ദേഹം നോക്കിയേ ആരോ വെള്ളത്തില് െ അമ്മ കരയാതെ ഏട്ടനിങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ഞാനും വരാം ഉസ്മനെ തിരക്കല്ലേ ഒന്ന് വെച്ചാൽ എവിടെല്ലോ വിഷമിക്കുന്ന ഉസ്മാനെ അവള് വിശ്രമിക്കട്ടെന്താ തോർത്ത് ജാനകി ഈ കുട്ടിയെ കൊണ്ടുപോയി ഈ നനഞ്ഞതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കൂ അതിന് മാറ്റാൻ ഇവിടെ ഉടുപ്പ് ഇങ്ങനത്തെ ഉടുപ്പുകൾ തന്നെ വേണമെന്നില്ല ജാനകി സുനിതയുടെ ഏതെങ്കിലും ഉടുപ്പുകളും മതി സുനീത എനിന്ന ദീനം പിടിക്കും നീ അകത്തേക്ക് ചെല്ലെ ക്കുന്ന ഒരാളില്ലേ കൊറച്ച് താടിയൊക്കെ ഉള്ള എന്തായിരുന്നു അയാളുടെ പേര് ആ അതെന്നെ ഓ അയാളുടെ മോളാണോ ഇത് അല്പം കൂടി താമസിച്ചെങ്കിലേ കഴിഞ്ഞിരുന്നു നിങ്ങൾ കുഞ്ഞാമ്മിനെ കണ്ട് ഈ വിവരം പറയാം അതുവരെ അവൾ ഇവിടെ നിൽക്കട്ടെ അസൗകര്യൊന്നും ആവില്ലല്ലോ നിങ്ങൾ ഉടനെ പോയി സുനിതയെ ഒന്ന് കണ്ടുപിടിക്കുക ഞങ്ങൾ ആദ്യം പോകുന്നത് സ്കൂളിലേക്കാണ് അവിടെയാണ് എല്ലാവരും എത്തിക്കാൻ പറഞ്ഞിട്ടുള്ളത് സുനിത അവിടെ എത്തിക്കാണും അവളെ കാണാൻ താമസിച്ചാൽ ജാനകി ഇവിടെ പൊറുപ്പിക്കാൻ കഴിയില്ല നമുക്ക് പോവാ നേരത്തെ ഏട്ടൻ ബണ്ട് ബണ്ട് എന്നെല്ലാം പറയുന്ന കേട്ടല്ലോ എന്താ അത് കിഴക്കും പാടത്തൊരു ബണ്ട് കെട്ടിയാൽ വെള്ളം ഇതുപോലെ കണ്ണും മൂപ്പുമില്ലാതെ ഈ പ്രദേശത്തേക്ക് ഒഴുകില്ല ഈ ഭാഗത്തുള്ളവർക്ക് അത്ര കുഴപ്പവും അന്ന് അവരൊക്കെ കൂടി അങ്ങനെ ആലോചിച്ചപ്പോ എതിർത്തവരുടെ കൂട്ടത്തിൽ ഈ അച്ഛനുണ്ടായിരുന്നു അതെന്തിനാ അച്ഛനന്ന് എതിർത്തത് അമ്പലവും പള്ളിയും നിൽക്കുന്നത് താണഭാഗത്തല്ലേ ബണ്ട് കെട്ടിയാൽ രണ്ടും വെള്ളത്തിലായി പോകും എന്ന് അവിടുത്തെ ദൈവങ്ങളൊക്കെ മുങ്ങിച്ചത്തുപോ അല്ലേതുണ്ടി പോവരുത് ദൈവങ്ങള് അപ്പൊ പിന്നെ അമ്പലവും പള്ളിയും അവിടെ തന്നെ വേണം എന്തിനാ ഇത്ര വാശി പിടിക്കുന്നേ നിന്നോട് തർക്കിക്കാനോ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാനോ ഈ അച്ഛൻ ഇപ്പൊ വയ്യ മോനെ പിന്നെ എന്താ അച്ഛന് കഴിയ ഗോവിന്ദ നീ ഒരു മുണ്ടും തോർത്തുമുണ്ടും ഇങ്ങോട്ട് കൊടുത്തയക്ക ഞാനീ നനഞ്ഞതൊക്കെ മാറ്റട്ടെ കളികാലത്തിന്റെ മഴയാന്നാ തോന്നുന്നത് ഏട്ടനെ നേരത്തേ തന്നെ ഇങ്ങോട്ട് പോന്നൂടായിരുന്നോ നേരത്തെ ഇങ്ങോട്ട് വരാൻ പറയുന്നു എടോ വീട്ടിനകത്ത് മുട്ടോളം വെള്ള അവിടെ വേറെ ആരുമില്ലെന്ന് നിനക്കറിയാലോ ഏട്ടൻ മുങ്ങിച്ചെത്തോ ഇല്ലയോന്നറിയാൻ ആരെയെങ്കിലും ഒരാളെ അയച്ചോ താൻ ഇവിടെ കൂടാനാന്നോന്നെ താഴെ നീ ഒരു കാര്യം ചെയ്യും വലിയ സാധനങ്ങളെല്ലാം മുകളിലെ മുറിയിൽ കൊണ്ടുപോയി വെക്കാ അത് ശെരിയാ സേദോ ഓ എന്തോ ആ പൂജാമണി അവിടെ ഇങ്ങോട്ട് ആഹാ അച്ഛാ വല്യച്ചല്ല ദൈവങ്ങളെയും മനുഷ്യരെയും വിളിക്കാൻ ഈ ഭക്തന്മാർ ഭക്തന്മാർ എന്ന് പറഞ്ഞവർ എവിടെ പോയി കിടക്കുക അമ്പലത്തിന്റെ ചുറ്റുമതിൽ ഒരു ഭാഗം പൊടിഞ്ഞു വീഴാൻ തുടങ്ങി വെള്ളത്തിലൂടെ ഇങ്ങനെ തപ്പി തടഞ്ഞു വരേണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അതല്ല വല്ല തോണി വരുമ്പം അതിൽ കയറി പോന്നൂടായിരുന്നില്ലേ എന്നാ ഞാൻ ചോദിച്ചത് ആ നോക്കഞ്ഞിട്ടല്ല ഒന്ന് രണ്ടെണ്ണം വരുകയും ചെയ്തു അതിലൊക്കെയേ കണ്ട മാപ്പിളാരും ഗോപ്പിളാരും ഒക്കെയാ ഞാനൊന്നും അതിൽ കേറില്ല ഇവിടെ ഞങ്ങളൊക്കെ വിഷമിച്ചിരിക്കുന്നു എന്നിങ്ങോട്ട് കെട്ടിയെടുക്കുമെന്ന് പേടിച്ചിട്ടാണോ അല്ല മൂന്നു നാല് ദിവസം മുമ്പ് സുനിത അവളുടെ ഇളയമ്മയുടെ വീട്ടിൽ പോയതായിരുന്നു അവിടെ നിങ്ങോട്ട് തിരിച്ചു പോന്നു ഇവിടെ എത്തിയിട്ടുമില്ല എന്നിട്ടാരും അന്വേഷിച്ചു പോയില്ലേ ഇതുവരെ ഗോപി പോയിരിക്കണ്ട ഭഗവാൻ അവളെ കാത്തു രക്ഷിച്ചോളൂ നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളൂ അല്ല ഇവിടെ നിന്റെ സഹധർമ്മിണി എന്നൊരാളുണ്ടായിരുന്നല്ലോ എവിടെ പോയി അവള് അവൾ അകത്തുണ്ട് അസ്വസ്ഥയിരിക്ക മനുഷ്യന്റെ കാര്യം പിന്നെ പറയാനുണ്ടോ ഗുരുവായൂർ ഈ വല്യച്ഛൻ ദൈവങ്ങളുടെ പേര് വിളിച്ചപ്പോ എനിക്ക് ചോദിക്കാൻ തോന്നിയ കേട്ടോ എന്താണോ ചോദിക്കാൻ തോന്നിയത് എവിടുന്ന് വിളിച്ചാലും ദൈവങ്ങൾ വിളി കേൾക്കുമെങ്കിൽ കഷ്ടപ്പെട്ട് അമ്പലവും പള്ളിയും തെരഞ്ഞു പോകുന്നത് എന്തിനാ എന്നോട് ചോദിച്ചതു വല്യച്ഛനോട് ചോദിച്ചാലുണ്ടല്ലോ നിന്റെ നാവു പിന്നെ വായി കാണില്ല എന്താടാ എന്താണോ ചിരിക്കുന്നത് അല്ല ഇതുവരെ കാറ്റും ഇടിയും മഴയൊക്കെ പുറത്തായിരുന്നു ഇപ്പൊ അകത്തു ആയി ആ ഉമ്മക്കുട്ടി ഇവിടെ വന്നു വിട്ട കാര്യം അറിഞ്ഞ ഏട്ടൻ എന്താ പറയുക എന്നാ എന്റെ പേടി ആ ഉമ്മക്കുട്ടി എന്ത് പഴച്ച ൻ കുഞ്ഞാലിഹാജിക്ക് വിറ്റ സ്ഥലത്താണ് ആ മാപ്പിളപ്പള്ളി പണിഞ്ഞത് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടന്റെ ഭാരിക അസുഖം വന്നു അവിടുന്ന് ഒന്നാമത്തെ ബാങ്ക് കേട്ട ദിവസം ഏട്ടത്തിയമ്മ മരിക്കുകയും ചെയ്തു ആ സ്ഥലത്ത് ഈശ്വര സാന്നിധ്യമുണ്ടായിരുന്നു എന്നാണ് പ്രശ്നം വെച്ച കണിയാമാര് പറഞ്ഞത് അറിയാതെയാണെങ്കിലും ഒരു മഹാഭാവം ചെയ്ത തോന്നലായിരുന്നു ഏട്ടൻ അമ്പലവും പൂജയും ഭക്തിയുമായി പിന്നീടുള്ള ജീവിതം കേട്ടില്ലേ अदे। ും എന്തുകൊണ്ടാ ഉത്തോ അത് അല്ല അതിന് അച്ഛനെന്താ പറയാട്ടനും ഉസ്മാഷോ ഒന്നും വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി നമ്മൾ നോക്കി നിക്കേണ്ടി വരില്ലായിരുന്നോ ഈശ്വരനാണ് എത്തിച്ചത് നിനക്കിപ്പ മനസ്സിലായോ അപ്പോ അവരുടെ അള്ളാഹു ആണ് അവരെവിടെ എത്തിച്ചതെന്ന് ഉസ്മാമാഷു പറഞ്ഞാലോ എല്ലാ ദൈവങ്ങളും ഒന്നാണ് ശരിയാണ എനിക്കും തോന്നിയിട്ടുണ്ട് എന്നാലും ഞാനൊന്ന് ചോദിച്ചോട്ടെ അവര് വന്നപ്പോഴാണ് ആ കുട്ടി ഇവിടെ എത്തിയത് എന്നും വിചാരിച്ചൂടെ അതും അച്ഛൻ ഇതുപോലെ വല്യച്ഛനോടങ്ങ് പറഞ്ഞു എന്നെ കൊണ്ട് അച്ഛാ സുനിതേശിയുടെ കാര്യം ഓർക്കുമ്പോ അമ്മയുടെ കാര്യം ഓർക്കുമ്പോ നീ അമ്മയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കരഞ്ഞു പറയരു ഇല്ല ഇല്ല ഞാൻ കരയില്ല അമ്മയെ തമാശ പറഞ്ഞ് രസിപ്പിക്കണം കേട്ടോ ആ അല്ല ആ ഉമ്മ കുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞത് ആ പേര് പറയാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേത ഒരുപോലുള്ള ഇതാ അമ്മേ കണ്ടില്ലേ നമ്മുടെ സുനിതേച്ചി തന്നെ അച്ഛാതിയും മതവും കൊറേ ഒക്കെ ഉടുപ്പ് കൊണ്ടാ ഉണ്ടാവുന്നത് അല്ലേ ഇപ്പൊ കണ്ട സുനിതേച്ചി അല്ലെന്ന് ആരെങ്കിലും പറയോ അച്ഛാ എന്താ അവിടെ ഒരു ബഹളം ഏ ഇതേതാ ഗോവിന്ദ ഗോവിന്ദ ഓ ഏതാടാ കുട്ടി ചോദിച്ചത് കേട്ടില്ലേ ഏട്ടാ അത് വെള്ളപ്പൊക്കത്തിന് വഴി തെറ്റി ഈ വീടിന് മുന്നിൽ വന്നുപെട്ടതാ അത് മനസ്സിലായി അവൾ ഏതാണെന്നാ ഞാൻ ചോദിച്ചത് അത് അങ്ങാരിയിൽ വീടി തിരക്കുന്ന കുഞ്ഞാമതിന്റെ മോള എന്ത് എന്താ ഞാൻ കേട്ടത് ശിവശിവ ശിവശു ശിവശിവ ശിവശിവ എന്റെ എന്തൊരു ഹലാഖിന്റെ വഴിയാണ് ഇന്റെ പഠിച്ചോനീത് ഹാജ്യാരേ ആകാര് ഇല്ലേ അടുത്ത് അസലക്കും വലൈക്കും ഇക്കണക്കിന് ഹാറെ ഞമ്മളെ പള്ളി വെള്ളത്തിലായി പോകും ഇല്ലെങ്കിൽ പിന്നെ ഞമ്മള് തൊണ്ട കയറി ബാങ്ക് പിടിക്കേണ്ടി വരുമില്ലാന്ന് എന്താ പറയാരെ ബാങ്ക് കേട്ട ആളുകൾ വന്നിട്ട് എന്താ കാര്യം നിക്കറിക്കണത് എന്താടോ പള്ളി പൂട്ടിയോ ആ പൂട്ടി പൂട്ടി വെള്ളം കേറിക്കൊണ്ടിരിക്കോട്ട് പോന്നെതിനാന്നറിയോ എന്തതിനു വേണ്ടത് ഉടനെ ചെയ്യണമെന്ന് എന്താടോ അടിയന്തര ഹജരേ നാലു മണിക്കൂറായി ഞമ്മള് പള്ളിന്റെ അടുത്ത് കാത്ത് നിൽക്കുക ഒരു തോണിക്ക് വേണ്ടി അവസാനം ഒന്ന് വരുന്നതേണ്ടി തൊണ്ട പൊട്ടുന്നതുവരെ ഞമ്മള് വിളിച്ചു കൂവി ഓലഅടുപ്പിച്ചില്ലേ കേട്ടിട്ടുണ്ടാവൂല്ല അവരാനെ കേഞ്ഞിട്ടല്ല ആചാരേ പിന്നച്ചൂട്ട് മൊലാലിന്റെ വക തോണി ഹിന്ദുക്കളെ മാത്രം നോക്കി രക്ഷപ്പെടുത്തുക എന്താ അവർ പറയുന്നത് പട്ടാങ്ങാണ് ആചാരെ റബ്ബാണ് നേരി തോണി ഞമ്മടെ പള്ളിന്റെ അടുത്തോടെ പോയത് ആ തൊഴേണ ബേലായി എന്നോട് പറഞ്ഞു എന്താന്ന് അറിയൂക്ക് എന്തായിരുന്നു ഇതിൽ കേറാൻ സ്ഥലയില്ലെന്ന് ിന് ഞമ്മളാളുകൾ മുഴുവൻ വെള്ളത്തിലായി പോവും തോണി ഇറക്കി ഞമ്മക്ക് ഞമ്മളാളെ കൂട്ടാരെ രചിക്കണം അല്ലെങ്കിൽ ഞമ്മക്ക് മാനക്കാട് ആചാരെ അയിന് ഞമ്മക്കതൊക്കെ നോക്കി നടത്താൻ ഇവിടെ ആരവറാനേ ഇള്ളേ ഞമ്മക്ക് ഒന്നുള്ളതാണെങ്കിൽ ഇങ്ങോട്ടൊട്ട് കാണുന്നുമില്ലല്ലോ ഉം ഓണിപ്പാൻ ദുരിതാസാസത്തിന്റെ സെക്രട്ടറിയേറ്റ് നടക്കുകയല്ലേ എന്താ എന്തോ കണ്ട് പേടിച്ച മാതിരി ഉണ്ടല്ലോ ആചാരത്തോ എന്ത് വയ്യത്തി ആരാ വയ്യത്തി ഞമ്മള് വിറക് പറയാ മയ്യത്തോ ഇഞ് കണ്ട പോയി നോക്കുന്നുണ്ടോ ബേഗോ അവാനെന്തൊന്നിച്ചു നോക്കിട്ട് വന്ന പെണ്ണുരുത്തിയാടക്കണേ ആചാരെ ഏ അത് മയ്യത്തല്ല പിന്നെ എന്ത് കുന്താടോ അവറാനെ തോണിയിലോട്ട് വരുന്നത് അത് ഇങ്ങളുടെ മോനാണ് നാ തോന്നുന്നത് ഓനിപ്പം പൊരയും കുടിയും ഒന്നും വേണ്ടാതായിക്കണ് അവനെ ഓ ഓൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ ഇപ്പൊരേന്റു താ ശവം കേട്ടു ഒന്ന് ചെന്നിട്ട് അത് കുത്തി ഒരിക്കലേക്കങ്ങോട്ട് നീക്കാം അല്ല ഞമ്മളോ ആ ഇങ്ങന്നെ അല്ലാന്ന് ആരാന്നും എവിടത്തേതാന്നും അറിഞ്ഞിട്ട് ഓല വിവരം അറിയിച്ചാ പോരെ ഓല വന്ന് കൊണ്ടുപോയിക്കോളൂ അല്ലേ ഇഞ്ചൊന്ന് നിന്ന് നേരം കളയല്ലോ ഒന്ന് ചില്ല് അങ്ങനെ ഇനി ഇവിടെ നിൽക്കണ്ട ഓൻ ഇപ്പൊ സ്കൂളില്ല ഇങ്ങക്ക് ഓനോട് പറഞ്ഞൂടെ ഈ പൊരൻ ഡൗത്ത് കുത്തിരിക്കാൻ പറയാ ഓനങ്ങ് കേട്ടിച്ച് വേണ്ടേ പറയുന്നത് നിങ്ങളും കേട്ടിട്ടില്ലാലോ ഓൻറെ സ്കൂളിൽ ആ കാവർ ചെയ്യുന്ന കെട്ടണമെന്നല്ല അതിനു ഓൻറെ വാശി ഓനോളെ കെട്ടിയാല് ഓര് ജീവിക്കൂലെ ഓരോ കുട്ടികളുണ്ടാവൂലെ ബിയാത്തോ ജാതിയും മതവും നോക്കാണ്ടുള്ള ഇഞ്ചൊരു ഭർത്താനം ഈ അപത്ത് പോയി ഇള്ള എന്താന്ന് വെച്ച വിളമ്പി വെക്ക് ഓ അല്ലാന്ന് ഒരുത്തിനൂടിണ്ടല്ലോ ഓൻ്റെ കൂടെ അതാ ഗോവ മുൻ ഗോപിയാണല്ലോ എൻ്റെ റബ്ബെ എന്തൊരു നാറ്റാണ് പഠിച്ചോനെ ൊട്ട പോലെ ഏയ്ക്ക് കൊടുക്കേണ്ടി വരും കുത്തി മാറ്റേക്കല്ലേ വറാനേ ഒരു ആ കുത്തിയൊരു ബാപ്പാ ഇന്നലെ ഇവിടുന്ന് പോയതാ ഞാൻ പോട്ടെ ഇവിടെ അനക്കൊരു ഉമ്മ ഉണ്ടെന്നുള്ള വിചാരമെങ്കിലും ഉണ്ടോ ആഴത്ത് പോയിച്ചെന്തെങ്കിലും വാങ്ങി കയ്ക്ക് ഞങ്ങളിപ്പോ വന്നത് ബാപ്പയുടെ ഒരു കാര്യം പറയാനാണ് ബാപ്പ വിചാരിച്ചാൽ രണ്ടോ മൂന്നോ തോണി കൂടി ശരിപ്പിടിത്തരാൻ കഴിയും ഞങ്ങളുടെ കയ്യിലുള്ള തോണി തരുന്നില്ല വെള്ളം കയറിക്കൊണ്ടിരിക്കാ ഞാനാവോ തോണി മൂപ്പര് തരൂ ഗോപി നീ ഇങ്ങനെ അപ്സെറ്റ് ആയാലോ ഉസ്മാൻ സുനിത എനിക്ക് ആരാണെന്ന് നിനക്കറിയില്ലേ അറിയാം അതുപോലെ ഒരു ദുഃഖത്തിന്റെ വേദന പേർന്ന് എനിക്ക് നിന്റെ മനസ്സെന്താണെന്നും അറിയാം മനസ്സിന് വല്ലാത്തൊരു ഭയം ഏറെക്കുറെ എല്ലാ സ്ഥലത്തും നാം നോക്കിക്കഴിഞ്ഞു അവളെ കാണാതെ വീട്ടിലേക്ക് എങ്ങനെ തിരിച്ചു പോകും ആശ കൈവിടാൻ മാത്രമായോ ഗോപി നിനക്ക് ചായോ കാപ്പിയോ വേണ്ട നീ ഇതൊരൊന്നും കഴിച്ചിട്ടില്ല എനിക്കിപ്പോ വിഷപ്പോഹില്ല നമുക്ക് ഉടനെ പോകാം ഇങ്ങനെ എവിടെയെങ്കിലും കാര്യം നിൽക്കുമ്പോ സുനിത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നൊരു തോന്നലാണ് എനിക്ക് ആ എവിടെ പാപ്പ കാത്ത് കാത്ത് തരാ അതിനൊരു കാര്യം ഇനി എന്താ പോണെ എന്റെ പാപ്പാക്ക് എന്നോട് പറയാൻ മടിയാ അവിടെ ഞമ്മള് പറയാ ഇവിടുത്തെ ഹിന്ദുക്കള് ഹിന്ദുക്കളെ മാത്രം നോക്കി രക്ഷപ്പെടുത്തുകയാണ് അത് കളവാണ് ഈ സമയത്ത് അനാവശ്യം പറഞ്ഞ് അനാവശ്യം അല്ല പോലെ ഈ അവരാൻ അതിന്റെ ഒരു രക്ത സാക്ഷിയാ ഇന്ന പള്ളിക്കെന്ന് ഇവിടം വരെ ഒന്നും എത്തിക്കാൻ കേട്ടില്ല ആ തോണി കിട്ടിയാല് ആദ്യം ഞമ്മക്ക് ഞമ്മളാളുകൾ രചിക്കണം ഉസ്മാനെ ഇത് അപകടകരമായ നീക്കമാണ് അപകടം തന്നെയാണ് പറ്റെങ്കിൽ ഞമ്മളാൾക്കാർക്കാണെന്ന് മാത്രം ബാപ്പാ ഇയാൾ സംസാരിക്കുന്നത് ബാപ്പയ്ക്ക് വേണ്ടിയിട്ടാണോ ബാപ്പ വെള്ളപ്പൊക്കത്തിന് ജാതിയും അതുമില്ല വെള്ളപ്പൊക്കത്തിൽ വിഷമിക്കുന്നത് ജീവനുള്ള എല്ലാരും മനുഷ്യരും മൃഗങ്ങളും അവരെ രക്ഷപ്പെടുത്തണം അത് വെള്ളപ്പൊക്കത്തിന് ജാതിയും അതുമില്ല എന്നാ ഈ തൊഴോർക്കില്ലേ ആ അച്ചൂട്ട് മുതലാളിനോടും അയാൾ ആൾക്കാരോടും ആദ്യം പോയി പറയുന്നുട അവർക്ക് മിണ്ടാതിൽക്കണം ബാപ്പ എന്ത് പറയുന്നു ഈ വ്യവസ്ഥ അനുസരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കത്ത് തരാം ആ ആദ്യ ഇത് സാധ്യല്ല ഒരു യഥാർത്ഥ മുസ്ലിം ഇങ്ങനെ ചിന്തിക്കുവാനായി പാടില്ല പിന്നെ എങ്ങനെയാണ് ഉസ്മാനെ ചിന്തിക്കേണ്ടത് ഏ അപ്പോ ബാപ്പ കത്ത് തരില്ല അല്ലേ ഗോപി വാ നമുക്ക് പോവാ പോവുവാണോ ചോറ് വിളമ്പി വെച്ചേക്കണ് രണ്ടാളും കൊറച്ച് ചോറ് ബേച്ചിട്ട് പോയിക്കോളെ മേരല്ലോമാ അവിടെ ഗോപിന്റെ അമ്മാവന്റെ മകളെ കാണാനില്ല ഇളമേടെ വീട്ടിൽ പോയതായിരുന്നു അവിടുന്ന് പോരേം ചെയ്തു തിരിച്ചെത്തിയിട്ടുല്ല രണ്ടു ദിവസമായി ഉമ്മാ മമ്പർത്ത തങ്ങളെ ഞങ്ങൾ അവളെ അന്വേഷിച്ച് നടക്കുക ആ മോനെ കൊറച്ചു നേരത്തെ നമ്മുടെ പിന്നാമ്പറത്ത് ഒരു ശവം വന്നടിഞ്ഞു ഒരു പെൺകുട്ടിന്റെ എവിടാ ഇവരാ ഒഴുക്കിലേക്ക് കുത്തിമാക്കി വളരെ നേരായോ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന്റെ കുറച്ചു മുമ്പ് ബാബാ മനുഷ്യരുടെ ദുഃഖങ്ങളെ പോലും ജാതിയും മതവും നോക്കി വേർതിരിക്കുന്നല്ലോ നിങ്ങൾ നമുക്ക് പോകാം ഉസ്മാനെ ഇങ്ങനെ നടന്ന ഭല്ല സൂക്കേടും പിടിക്കും എനക്ക് പോയിക്കോട്ടെ പറഞ്ഞാലൊന്നും മനസ്സിലാവൂല ശാലയെ കയറി കണ്ണു കണ്ട മുത്രങ്ങളൊക്കെ വായിച്ചു ഓ ചീത്തയാണെങ്കിലേ അല്ല ഞമ്മളൊന്നും പറഞ്ഞിട്ടില്ലേ എടോ അവറാനേ എന്തേനു ഓം പറഞ്ഞേലും കാര്യല്ലേ ഉണ്ടെന്ന് വെച്ചോളി പച്ചയെങ്കിൽ ഞമ്മളല്ലല്ലോ ഈ വകഗരുവ് തുടങ്ങിയത് ഹിന്ദുക്കളല്ലേ അതുകൊണ്ടല്ലേ ഞമ്മള് പറഞ്ഞത് എന്നാലേ ായും ബുദ്ധിയും വിവരവും ഉണ്ട് മനുഷ്യന്മാര് നന്നാവണം അത് വേണ്ടത് എന്യാ ഇങ്ങോട്ട് വിളിക്ക് ഞമ്മക്ക് കത്തങ്ങോട്ട് കൊടുക്കാലോ അങ്ങനെ ഞമ്മക്ക് തോറ്റു കൊടുക്കാൻ പറ്റുവു അയിൻറെ ഇടക്ക് എടക്ക് അയ്യാരോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്തേനോടോ അല്ലെ ഏതായാലും ഈ കടലിന്റെ നടുക്ക് ഞമ്മളിങ്ങനെ കുത്തിരിക്കല്ലേ ഞമ്മള് പലതവണ അയ്യാരോട് പറഞ്ഞതാ ആ വീടി തീർക്കുന്ന കുഞ്ഞ മുഹമ്മദിന്റെ മോളുടെ കാര്യം അങ്ങനെ എത്രാമത്തതാ അവരാനെ ഇത് നാലാമത്തതാ ഇടക്കിടക്ക് കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു രസം തന്നെയായി അവറാനേ എന്തായിനു അതാരാടോ തോണിയിൽ ഇങ്ങോട്ട് വരുന്നേ ഒന്ന് ഞമ്മടെ ഉസ്മാന മറ്റേത് ഹാ ഹിമാറാന്നാ തോന്നുന്നത് അല്ലാടോ എന്തേനും ണ്ടോ ചെലപ്പോ ആ കാപ്പർച്ചിന്റെ ശവേറ്റനായിരിക്കോ നമ്മളിപ്പോ ഒഴുക്കിലേക്ക് കുന്തി വിട്ടെ അയ്യാരെ ഇതിന്റെ ഒത്ത് കയറ്റാൻ സംഭവിക്കരുത് എന്നാലേ ജപാതിര കൊട്ടാടാ അയ്യമ്മ കൊച്ചി ആദ്യ എന്തിനാ മരിക്ക ൊടുക്കേ എന്റെ ചാത്തതാ ആ കാർച്ചിന്റെ ശവോ ഇപ്പൊരേ എന്റെ അകത്തുനിന്ന് മയ്യത്ത് പുറത്തേക്ക് കൊണ്ടു ഇതിന്റെ കേട്ടാൽ ഞാൻ സമ്മതിക്കൂല ഇത് മയ്യത്തല്ല പാപ്പ അത് തന്നെയാ ഞാനും പറയുന്നേ നിങ്ങൾ എന്ത് മനുഷ്യമാരാണെന്ന് പോവാ ഇത് ആരാന്നറിയോ പാപ്പക്ക് ആരാന്ന് അറിയണ്ട ഉസ്മാൻ ഉസ്മാൻ ഒരു പോവാണോ ഒറ്റൊന്നും കേൾക്കുന്നില്ലാലോക്കട്ടെ ബാപ്പാ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരാളെ കൊന്നു ആരാണെന്ന് അറിയണോ ബാപ്പയ്ക്ക് നിങ്ങളുടെയൊക്കെ ചുമലും ചാരിയും നിന്ന് നിസ്കരിക്കാറുള്ള മനുഷ്യനാ വീട് തീർപ്പുകാരൻ കുഞ്ഞം പുതുക്ക എന്നേ കേൾക്കാൻ ക്ഷമയുണ്ടായില്ലോ വെള്ളം കയറിയപ്പോ വീട്ടിലെത്തിയ കുഞ്ഞമുതുക്ക മകളെ കണ്ടില്ല അന്വേഷിച്ച് വെള്ളത്തിലൂടെ പരക്കം പായിയായിരുന്നു അറിയാതെ തോട്ടിലേക്ക് അല് തെറ്റിപ്പോയി കിടന്നു പിടയുമ്പോഴാണ് ഞങ്ങൾ എടുത്തുകൊണ്ടുവരുന്നത് വല്ല പ്രഥമ ശുശ്രൂഷയും ചെയ്ത് രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് നോക്കാൻ ഒന്ന് തുറന്നു കൊടുത്തുടാ എന്നിട്ട് ഉസ്മാനെ അയാൾ മരിച്ചു നോക്കട്ടെ എങ്ങോട്ടാ അവരുന്നത് ഒന്നും നോക്കായി ഉമാ ഞാൻ പോയി വരാ ഈ മയ്യത്ത് കൊണ്ടുപോയി മറിവ് ചെയ്യേണ്ടേ അയാള് മോളെ ഒന്ന് കാണിച്ചു കൊടുത്തോളി എന്നിട്ട് ആ ജാനകി അമ്മ പിടിക്കെ പൊയ്ക്കോളി മക്കളെ ഉമ്മാമ് എന്റെ ഊതി കുറിപ്പിക്കുന്ന ഈ അവറാക്കാരി ദുഃഖം ആരുടേതാണെങ്കിലും എന്റെ ഉമ്മ അത് സ്വന്തമാക്കുന്നു ഈ വെള്ളപ്പൊക്കത്തിന് പോലെ ബാപ്പാ ദുഃഖത്തിന് ജാതി അതിവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഉസ്മാനെ ഉസ്മാനെ എന്തേ എടുത്ത് വെക്കും എന്തിനാ പാപ്പ കവറക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം അതാ നല്ല ഗോപിന്റെ കൈ കിടന്ന കുഞ്ഞമുതക്ക മരിച്ചത് അത് നിങ്ങക്ക് ഇഷ്ടാവുന്ന മരണമല്ല അയാൾ ഒരു ഇസ്ലാമാണ് മോനെ ഇസ്ലാമായതുകൊണ്ടല്ല അയാൾ മരിച്ചത് മനുഷ്യനായതുകൊണ്ടാ മോനെ വാപ്പൊക്കെ അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി ഞയ്യത്ത് ഇതിൻത്തേക്കെടുത്ത് കെടുത്തും മോനെ ജീവിക്കുന്നവരെ രക്ഷിക്കാൻ കഴിയാത്തവർക്ക് മരിച്ചവരെ ശുശ്രൂഷിക്കാൻ അർഹതയില്ല കുഞ്ഞാമ്പതുക്കാക്കി വേണ്ട സ്ഥലം ഞങ്ങളുടെ കയ്യിലുണ്ട് അയാളെ ഉണ്ട് അവളെ രക്ഷിച്ചതും അവളെവിടെ ഉണ്ടെന്ന് അറിയണോ നിങ്ങൾക്ക് ഗോപിയുടെ വീട്ടിൽ ആ കാരു സ്ഥലവും കണ്ടില്ലേക്ക് ഞാൻ പോകുന്നു അത് തന്നെ അത് തന്നെ ുംതവും നോക്കി ആരെ ഞാനേ സുനിതേച്ചി എന്നാ വിളിച്ചത് ഒരു മനസമാധാനത്തിനാ ഉം എന്നാ വിളിച്ചു എന്നാ നിങ്ങക്ക് അമ്മയെ രക്ഷിക്കാൻ കഴിയും എങ്ങനെ നിങ്ങൾ എന്റെ സുനിതേച്ചായി അമ്മയുടെ സുനിതമോളും ആയിക്കൂടെ അമ്മന്റെ കൽബിന് അതുകൊണ്ട് സമാധാനം കിട്ടുവോ കിട്ടും പോയി സുനിതമോളായി അമ്മയെ ആശ്വസിപ്പിക്കാ അമ്മയുടെ സുനിതമോളാ അമ്മയെ വിളിക്കുന്നത് സുനിദേശിക്ക് പകരം ഭഗവാൻ തന്നതാണ് അമ്മേ വിളിക്കമ്മളെന്ന് അമ്മക്ക് എന്താ പച്ച ഒന്ന് പിടിച്ചേ ഇപ്പൊ ഇവിടെ തളർന്നു വീഴാൻ പോയതാ അച്ഛാ സുനിത ഇനി നാം പ്രതീക്ഷിക്കുന്നതിൽ ഒരർത്ഥമില്ല ഗോപി നിങ്ങളുടെ വല്യച്ഛനാണെങ്കിൽ ഈ പെണ്ണിനോടെ താമസിപ്പിക്കാനും സമ്മതിക്കുന്നില്ല ഈ അവസ്ഥയിൽ അവളെ ഇവിടെ നിറക്കി വിടാൻ പറ്റൂ അച്ഛാ അവളുടെ കൊച്ചു ഞങ്ങൾ പോയി നോക്കിയപ്പോ അതൊക്കെ തകർന്നു കിടക്കുക നിങ്ങളുടെ വലിയച്ഛനെ പറഞ്ഞു നിർത്താൻ ഇനി എന്താണൊരു വഴി അവളുടെ ജാതിക്കാരുണ്ടല്ലോ ഇവിടെ അവരിൽ ആരെങ്കിലും വരാതിരിക്കില്ല വന്നാ നമുക്ക് പറഞ്ഞു വിട്ടേക്കാം അച്ഛാ എന്താടാ അമ്മക്ക് എന്ത് അച്ഛാ ഞാൻ അമ്മയുടെ ഒരു തമാശ പറഞ്ഞു തമാശയോ ആ ഇത് വെള്ളപ്പൊക്കത്തിന്റെ കണക്കാ സുനിതേച്ചേയും സുബൈദയുടെ വാപ്പയും അത് കൊണ്ടുപോയി എന്നിട്ട് ഭഗവാനാണ് അച്ഛാ സുബൈദേച്ചിയെ ഈ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടത് അമ്മയോട് പറഞ്ഞു ആ പറഞ്ഞു നാടാകെ കടലുപോലെ കിടക്കുമ്പോ സുബൈദേച്ചി ഈ വീടിന്റെ മുന്നിൽ തന്നെ എന്താ വരാൻ കാരണം ആ സമയത്ത് ഗോപിയേട്ടനും ഇവിടെ ചാടി രക്ഷിക്കുകയും ചെയ്തു അതും ഈശ്വരേച്ച അല്ലേ അച്ഛാ എനിക്ക് നിന്റെ ഭ്രാന്ത് കേൾക്കണ്ട ഏട്ടാ എന്താ ഈ വീട്ടിലിപ്പം വെപ്പും തീനും ഒന്നും ഇല്ല ആർക്കും ഒന്നും വേണ്ടതാനും അമ്മയുടെ സങ്കടം മരുന്ന് കൊടുത്താ മാറുന്നതല്ല അതിന് നമ്മൾ എന്ത് ചെയ്യാനാ ചെയ്തു ആ അതിനാ ഞാൻ ഈ മരുന്ന് കണ്ടുപിടിച്ചത് മരുന്നോ ഏട്ടനെ അകത്തുപോയി നോക്ക് അമ്മക്കിപ്പോ ഒരു കുഴപ്പവും ഇല്ല സുബേദേശി കാപ്പി കൊടുത്തപ്പം അമ്മ വാങ്ങിക്കുടിച്ചു ഇപ്പോ അവരെ തന്നെ നോക്കിയിരുപ്പാ ഗോപി ആരാതയാ എന്താടാ നിൽക്കുന്നേ ഒന്നുമില്ല മോളെ നാലഞ്ചു ദിവസമായി നീ എന്നെ തീ തീറ്റിക്കായിരുന്നു ഇന്നും എനിക്കൊരു ആശ്വാസമായത് ഗോപിയേട്ടാ ഞാൻ ഞാൻ അങ്ങനെ തന്നെയല്ലേ നിങ്ങളെ വിളിക്കേണ്ട എന്റെ പാപ്പ മരിക്കുമ്പോ നിങ്ങൾ അടുത്തുണ്ടായിരുന്നില്ലേ എന്നെപ്പറ്റി വല്ലതും പറഞ്ഞു പറഞ്ഞു െ പറ്റി പറഞ്ഞു എന്റെ മോൾക്ക് കാണിച്ചു തന്നപ്പോ എനിക്ക് തോന്നിയതാ എനിക്കിനി ആരാണ് ഞാനി എന്താ ചെയ്യാ പോകെ ഇവള് നിന്ന് കരയാണ് സുമേദ നിന്നോട് കരയരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇത്തരം ഗതികേടിൽ നിന്നെപ്പോലൊരു പെൺകുട്ടി കരയാതിരുന്നാലാ അത്ഭുതം ഈ വെള്ളപ്പൊക്കത്തിൽ നീ ഈ വീടിന്റെ മുന്നിലെത്തിയതും രക്ഷപ്പെട്ടതും ഓർത്ത് നോക്ക നിനക്ക് പടച്ച വിശ്വാസില്ലേ നിന്നെ രക്ഷപ്പെടുത്തിയ ആ പടച്ചവൻ നിന്റെ ജീവിതത്തിന് വഴി കാണിച്ചുതരും സമാധാനിക്കുന്നു നീ അകത്തേ ചെല്ലെ സുനിത എന്താ ഗോപി വീടിയോടർ ഉസ്മാനെ എന്റെ അമ്മക്ക് സുനിതയെ തിരിച്ചുവിട്ടിരിക്കുന്നു അമ്മയുടെ മനസ്സിന്റെ താളം തെറ്റിയിരിക്കുന്നു ഉസ്മാൻ അറിയാലോ സുബൈദ സുനിതയായ ആ മനസ്സ് സ്വീകരിച്ചിരിക്കുന്നു എന്താ ഉസ്മാനെ ഇനി വെള്ളം മുഴുവൻ താണാലും ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് എന്റെ അമ്മ രക്ഷപ്പെടുമെന്ന് തോന്നില്ല ഗോപി സുബൈദയെ വീട്ടിലേക്ക് കൂട്ടിക്കിട്ട് വാപ്പ പറഞ്ഞു ഞാനത് കൂട്ടാക്കിയില്ല സുനിത പോയതോടെ എന്റെ മനസ് ശൂന്യമാണ് പക്ഷെ ഈ വീടിന് ആ ശൂന്യത സുബൈദ കാരണം അനുഭവപ്പെടുന്നില്ല ഏട്ടാ സുബൈദയെ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിക്കുകയാ അമ്മ നീയാ ചെയ്തു ഇതിനെല്ലാം കാരണക്കാരൻ അതെ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നിനക്കറിയില്ല അമ്മയെ നീ ഭ്രാന്താശുപത്രി എത്തിച്ചേ അടങ്ങും ഉസ്മാഷെ സുനിതേച്ചയെ കാണാതെ അമ്മക്ക് ഭ്രാന്തി പിടിക്കാൻ പോവുമായിരുന്നു അപ്പഴാ ഞാൻ ഓഹ് അവനൊരു മഹത്തായ കാര്യം ചെയ്ത ഭാവത്തിലാപ്പൊ അച്ഛൻ ഇതെല്ലാം കണ്ടു തളർന്ന് കിടക്കാവും ഞാൻ അമ്മയോടും സംസാരിക്കട്ടെ ഫലം ഉണ്ടാവും നമുക്കിങ്ങനെ താമസിക്കാൻ പാടുണ്ടോയോ ഇവിടെ എങ്ങനെയാ ആരാ ഗോപി ഉസ്മാൻ പറയണത് അല്ല നമ്മളന്ന് രക്ഷിച്ചത് മരിച്ചുപോയ കുഞ്ഞാമക്കാന്റെ മോളാണ് പോയല്ലോ മോനെ സുനിത വന്നപ്പോ അവള് പോയി ഓണം കഴിഞ്ഞിട്ട് ഇവരുടെ കല്യാണി എന്റെ അമ്മ ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നു മനസ്സിലായ ഉസ്മാന സുനിത മരിച്ചു എന്ന് വിശ്വസിക്കാൻ അമ്മയുടെ മനസ്സിന് കഴിയില്ല കാരണം അന്ന് തന്നെ മടങ്ങി വരണമെന്ന അമ്മയുടെ വാക്കുപാലിക്കാനാ ഇളയമേന്റെ വീട്ടിൽ നിന്നും അവള് പുറപ്പെട്ടത് ആ കുറ്റബോധം അമ്മയുടെ മനസ്സേറ്റെടുക്കില്ല സുനിതയുടെ മരണം അമ്മയുടെ മനസ്സിന്റെ മരണമായിരിക്കും ഗോപി നമ്മൾ ഇനി എന്ത് ചെയ്യും അമ്മയെ പറ്റി ഓർക്കുമ്പോ സുനിതയെ കുറിച്ചുള്ള സത്യം അമ്മയോട് പറയാൻ എനിക്ക് കഴിയുന്നില്ല ഉസ്മാൻ സുബൈദ് വെച്ചാലോ അങ്ങനെ പറയാൻ നിനക്ക് കഴിയും അങ്ങനെ ആകട്ടെ എന്ന് പറയാൻ എനിക്കും കഴിയും പക്ഷേ നമ്മുടെ സമുദായത്തെ അതെങ്ങനെ ബോധ്യപ്പെടുത്തും ഏട്ടാ വെള്ളം ഇറങ്ങിത്തുടങ്ങുന്ന ഒരു ലക്ഷണവും ഗോപി സംസാരിച്ചു നിൽക്കാൻ നേരില്ല നൂറോളം കുടുംബങ്ങളെ സ്കൂളിൽ എത്തിച്ചു രാത്രി ഭക്ഷണം കൊടുക്കാൻ അരിയും സാമാനങ്ങളും അവിടെ എത്തിക്കണം വാ നമുക്ക് പോവാം അതാ ആരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഉസ്മാൻ നീ അവിടേക്ക് മാറി വെക്ക് പേടിയോ കുറ്റബോധമോ നിനക്കില്ലെന്ന് എനിക്കറിയാം എന്നാലും രംഗം പെട്ടെന്ന് വഷളാക്കണ്ടെല് ഏട്ടാ സുബേദേശിയെ കൊണ്ടുപോകാനാണോ അവര് വരുന്നത് ആയിരിക്കും ചെയ്തു നീ പോയി അച്ഛനെ വിളിച്ച് ചെയ്തു എന്താ ഗോവിൻ ഹാജാര് കേറിയിരിക്കി ഇവിടുത്തെ ചെറിയ വിവരമൊന്നും കിട്ടിയിട്ടില്ലല്ലോ ഇല്ല ആ ഓരോരുത്തരും അല്ലാണ്ട് എന്ത് പറയാനാ നീ കുഞ്ഞതിന്റെ മരണം എൻറെ മനസ്സ് നൂഞ്ഞു പോന്നില്ല എന്റെ ആരത് ഗോയിന്നായ കാണാ ഞമ്മള് വന്നിക്കണ് അല്ല ആചാര് പറഞ്ഞോളൂ കുഞ്ഞമ്മേന്റെ മോളില്ല അവളകത്തുണ്ട് ഊളെ കൊണ്ടുപോവാനാ ഞമ്മള് വന്നിക്കണ് ആ എൻ്റെ ആ ഗോയിന്നായന്നും ഉണ്ടാത്തേ അല്ല അവൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല ആദ്യാ പറഞ്ഞേ പെൺകുട്ടീനെ ഇപ്പൊരേം ചോദിത്ത് താമസിപ്പിച്ചാല് അത് രണ്ടു കൂട്ടർക്കൊരു വേഷമാ അതുകൊണ്ട് ഊളെ ഇങ്ങോട്ട് ഒരുക്കി പറഞ്ഞേച്ചാളി ആചാര് കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞിട്ടായാ പോരെ ഇവിടെത്തൊന്നു പോയ സ്ഥാനത്താണ് അവള് വന്ന് കേറിയത് അത് എന്റെ കുട്ടികളുടെ അമ്മയ്ക്കൊരാശ്വാസായിരിക്കും പറ്റൂല ആചാര് എന്താ പറഞ്ഞത് ആ പരമേശ്വരനാരപ്പ ഇവിടെ വന്നീനു ആ വന്നിട്ട് കുറെ ദിവസങ്ങളായി അല്ല ഞാൻ പറയേനു ഇത്രയും ദിവസം ഓളെ താമസിപ്പിച്ചേ നിങ്ങൾക്കൊരു ബാനക്കാടാണ് എന്ന് എന്നാ ഇനി താമസിപ്പിക്കണ്ട ഗോവിന്ദ ഏട്ടാ ആ പെണ്ണിനങ്ങനെ പറഞ്ഞു വിട്ട പറഞ്ഞു വിട്ട വല്യച്ചാ അമ്മ ഈ കുട്ടിയെ സുനിതയെ പോലെയാ കാണുന്നത് ആഹാ ഏട്ടാ ഈ കുട്ടി എവിടുന്ന് പറഞ്ഞയക്കിയത് വെച്ചാ ജാനകിയുടെ കാര്യം എന്താണെന്ന് കൈവീച്ചു പോണ്ടി വരും ഇക്കണക്കിന് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നിങ്ങളേറ്റതാ ഈ പെൺകുട്ടിന്റെ കാര്യം അയക്കൂല നല്ലല്ലോ അച്ഛൻ പറഞ്ഞത് കുറച്ചു ദിവസം കൂടി കഴിഞ്ഞോട്ടെ നല്ലേ പറ്റൂല പരമേശ്വരനായ ഇതെന്റെ അഭിമാനത്തിന്റെ വർദ്ധന എന്ന് വെച്ചാ ഞമ്മളെ സമുദായത്തിന്റെ അഭിമാനം സമുദായം അത് നിങ്ങളുടെ മാത്രം കുത്തകൊന്നും അല്ല പോയതുകൊണ്ടല്ല അത് ഇവിടുന്ന് പോവില്ലെന്ന് അങ്ങോട്ട് പറയച്ചില്ലെങ്കിലോ പരമേശ്വരൻ ആയിരിക്കും ഞങ്ങളെ സമുദായത്തിനോട് വിരോധാന്നും അതിനുള്ള കാരണം എന്താന്നും ഞമ്മക്കറിയാം ആ കണക്കിന് കൂട്ടിയാലും താമസിപ്പിക്കുന്നത് ശരിയാണോ അങ്ങനെ മർമ്മത്തിന് ഗോവിന്ദ ഈ മാപ്പിളാർ പറയണത് നീയും കിളക്കുന്നുണ്ടല്ലോ ആ പെണ്ണിനെ ഇനിയും ഇവിടെ വെച്ച് പൊറപ്പിച്ചാൽ ഇവരുടെ സമുദായം പരസ്യമായി നമ്മളെ പരിഹസിച്ചു കൂും ഗോവിന്ദ ഇത് നിന്റെ വീടാ നിന്റെ ഇഷ്ടം പോലെ എന്താച്ചായിക്കോ ഞാനൊന്നും പറയുന്നില്ല ഏതാ സേതു എന്താ സുബൈനെ കൂട്ടിക്കൊണ്ടുപോവാ പറഞ്ഞുവിടാനാണോ നിന്നോട് കൂട്ടിക്കൊണ്ട് വരാനാ പറഞ്ഞത് നിന്റെ പുരയിൽ ഓൾ ഒരു ഇതാ സുബേദിയോ ഇതോ യാ ഹലവല കൂപത്തില്ലാവി എന്താ നമ്മളീ കാണത് റബ്ബേ വേഷൂട്ടിട്ട് നാലഞ്ചു ദിവസം കൊണ്ട് നിങ്ങൾ കൂടെ ഓൾ ഇവിടെ കൊണ്ട് എത്തിച്ചില്ലേ വെള്ളത്തിന് രക്ഷപ്പെടുത്തുമ്പോ അവൾ ഉടുത്ത വേഷേ അവൾക്കുണ്ടായിരുന്നുള്ളൂ ഒന്ന് മാറ്റി കൊടുക്കാൻ ഇവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉള്ളത് തരിപ്പിച്ചു തരിപ്പിച്ച് ഇനിയൊരു മിനിറ്റ് ഓൾടെ വെച്ച് ഓർപ്പിച്ചുടാ എന്തിനാ എന്റെ മോളെ വിളിച്ചത് ജാനകി നീ അകത്ത് പോ മോളെ നമുക്ക് അകത്തേക്ക് പോവാം അവളവിടെ നിൽക്കട്ടെ നീ പോയാ മതി മോളെ വിട്ട് ഞാൻ എങ്ങും പോവില്ല എന്റെ മോളോ എന്താണ് റബ്ബയെ ഞമ്മളിൽ കേക്കുന്നത് ഇത് എന്റെ മോളാ എന്റെ സുനിത മോള് എന്റെ മമ്പർത്തങ്ങളെ അച്ഛാ ഇനി കൂടുതൽ സംസാരിക്കാതിരിക്കുന്ന സുബേദ അവര് കൊണ്ടുപോയിക്കോട്ടെ നിങ്ങൾ എല്ലാരും കൂടി എന്റെ മോളെ എന്താ വിളിക്കുന്നത് ജാനകി നീയൊന്ന് മിണ്ടാട നിൽക്കുന്നുണ്ടോ ഈ നിൽക്കുന്നത് നിന്റെ സുനിത മോളല്ല നിന്റെ മതിയാക്കു അച്ഛാ ഓർമ്മയോടെ സംസാരിക്കണം ഓർമ്മയുണ്ടാ നി കത്തേക്ക് കൊണ്ടുപോകാൻ കൊണ്ടാണെങ്കിലും നീ ഈ കുടുംബത്തിന്റെ അംഗം പോലെ ആയിട്ടുണ്ട് വന്നതല്ല ഇവിടെ വന്ന് ചെറുകറ്റ് വീണതാണ് നീ പോകുന്നതിൽ ഞങ്ങൾക്കൊക്കെ സങ്കടമുണ്ട് എന്നാലും പോകാതെ വയ്യ മോളെ വിഷമിച്ചത് കൊണ്ട് കാര്യ അവളൊന്നൊരുക്കി അയക്കി ബാപ്പ സുബൈത നിങ്ങൾ കൊണ്ടുപോയിരുന്നു ഇനി ഈ ജീവിതത്തിടെ ജീവിക്കും ജീവിക്കണം എടാ എനിക്ക് പെരാന്താ ഓൾ ഇവിടെ നിന്നാ നാളേത്തെ ശരി എന്താവു ഉസ്മാനെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിന്റെ ബാപ്പ പറയുന്നതാ ഇല്ല അത് സംഭവിക്കാൻ പാടില്ല ഇപ്പൊ തന്നെ ഓളെ വേശ് കണ്ടില്ലേ അചാരെ ഓക്കൊരു മാപ്പിള കിട്ടുമോന്ന് കിട്ടുമോ ഇപ്പൊരേന്റെ പടിയും കേറി ഒരു കല്യാണാലോചന അവൾ വെള്ളത്തിൽ കിടന്ന് പടഞ്ഞപ്പോ ഈ പടി കടത്തിയ ജീവം നൽകിയത് ഏഹ് ജാതിയും മതവും നോക്കിട്ടല്ല ഈ പടി പരിശുദ്ധമാണ് അത് അങ്ങനെ തന്നെ കാണാൻ കണ്ണുള്ള ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട് ഓരിക്കൊക്കെ എനിക്ക് വരാന്തില്ലാ എന്താ പറഞ്ഞേ പറയാനുള്ളത് പറയേണ്ടത് ഉസ്മാനെ നിന്റെ ആവേശത്തിൽ ഞങ്ങൾക്ക് സംസാരിച്ചു നിനക്ക് വേണ്ടി വാദിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ന്യായങ്ങളുമില്ല ഉസ്മാനെ എന്റെ അമ്മയുടെ മനസ്സിൽ സുബൈദ സുനിതയാണ് അവളെ ഇവിടെ നിർത്തുന്നത് കൊണ്ട് കിട്ടുന്നത് താൽക്കാലികമായ ആശ്വാസം മാത്രമാണ് നാളെ ഞങ്ങളുടെ വിവാഹം നടത്തണമെന്ന് അമ്മ പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും സുബൈദ ഏട്ടാ ഞങ്ങൾ ഈ കുട്ടി എവിടുന്ന് പറഞ്ഞയക്കാൻ പോവുകയാണ് പറഞ്ഞാ പോരാ ആ പോക്ക് എനിക്കൊന്ന് കാണണം ഞാൻ ഇന്റെ പോരേല് സമയാവുമ്പോ കെട്ടിച്ചു കൊടുത്തു കെട്ടിക്കൊണ്ടു പോകാനുള്ള ആ ഇവരെ ലടി ലെഡി മോള വിട്ടു ജീവിക്കില്ല അമ്മേ അമ്മ അകത്തേക്ക് പോ അമ്മയെ പിടിച്ചകത്തേക്ക് കൊണ്ടുപോടാ ഏട്ടാ എന്റെ മോളെ കൊണ്ടുപോരുതെന്ന് പറയേട്ടോ എന്താ മടിച്ചു നിൽക്കുന്നത് കൂടാതെ അമ്മയെ പിടിച്ചാ കൊണ്ടുപോയോ എന്റെ മോളെ ആചാരെ ഇതാ സുബേദ കൊണ്ടുപോയി തോന്നു വാ മോളെ ഞാൻ തോണി പോയി കയറി സുബൈതച്ചി ആരാ സുബൈ ദേച്ചി ഈ വീട്ടിലല്ലേ ഓൾ ആകത്തുണ്ടല്ല ഞാൻ ജാനകി അമ്മയുടെ മോനാ ഒന്ന് അവരെ എന്റെ കൂടെ പറഞ്ഞു തരുവോ ആ എന്തിനാ മോനെ അവര് വെള്ളത്തിൽപ്പെട്ടപ്പോ ഞങ്ങളുടെ വീട്ടിലാണല്ലോ എത്തിപ്പെട്ടത് വിവരങ്ങളൊക്കെ ഓള് പറഞ്ഞേനു അമ്മക്കിപ്പോ ഊണും ഉറക്കവും ഒന്നും ഇല്ലമ്മ നേരാ പറയണേ ആ സുബൈദ ചേച്ചി ചേച്ചി ഒന്ന് എന്റെ കൂടെ വരുവോ എന്തിനാ ചേച്ചിയെ കാണണന്ന് അമ്മ അവിടെ കരഞ്ഞോണ്ടിരിക്കണം മോളെയ്യേ എന്നാലും ഉസുമാന്റെ ബാപ്പാ നോടൊന്ന് പറയണ്ടേ എവിടെ പോയതോ ഇന്നെന്തോ ഓലെ പള്ളി കമ്മിറ്റിന്റെ മീറ്റിംഗ് ആണോ ഈ എന്താ മോളെ നോക്കി നിക്കണേ പോയിട്ട് ഒരുങ്ങി വാ ഉമ്മാങ്ങള് ചേച്ചിയെ പറഞ്ഞയച്ചു തരില്ലെന്നാ ഞാൻ വിചാരിച്ച ഇന്ന് ഈ സേതുവിന് ഒരു കാര്യം മനസ്സിലായി എന്തായി ഈ ഉമ്മ അമ്മ എന്നൊക്കെ ജാതി തിരിച്ചു പറഞ്ഞാലും അവരുടെ മനസ്സൊന്നാ ആ മനസ്സിന്റെ വേദന അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകും അതുകൊണ്ടല്ലേ മോനെ ഞാനിവിള അൻ്റൂടെ പറഞ്ഞയക്കുന്നേ പോയാട്ടെ രണ്ടാളു ആ അമ്മേനെ കിടത്തി ഉറക്കിട്ട് വന്നാ മതി പോണാന് ഈ എന്തിനാ ഇങ്ങോട്ട് കേറി വന്നേക്കുന്നത് ഹാജിയാരെ ഒന്ന് അവര് എന്റെ കൂടെ പറഞ്ഞു തരുവോ എന്റെ അമ്മക്ക് ഒരാ ആശ്വാസത്തിന് എടാ ഇവിടുത്തെ ആശ്വാസം കളഞ്ഞിട്ട് ആപ്പിട്ടാ അങ്ങനെ ഒരാശ്വാസം ഇഞ് പോക്ക ഉമ്മാൻറെ ഇങ്ങോളൊന്ന് പറഞ്ഞയച്ചാല് ആ പെണ്ണുങ്ങൾ ഈ സുബേദാനെ കാണുന്ന എങ്ങനെയാന്ന് ബിവിക്ക് അറിയോ അവിടുന്ന് കാണാണ്ടായ പെണ്ണാന്ന് വിചാരിച്ചിട്ട് അയിന്റെ പേരാ സുനിതെന്ന് ഇവളവരെ സുബേദിയല്ല സുനിതയാണ് സുനിത അയിനെന്താ ഓരോരു മനസമാധാനത്തിനല്ലേ ആ ഇപ്പം വന്നു പോയോ എന്റെ ഏട്ടനാ ഗോപി ആയിക്കോട്ടേനെ മിണ്ടാണ്ട് നിൽക്കുന്ന ായിരം പെണ്ണുങ്ങൾക്ക് വെരാന്താ അതനക്ക് അറിയോ അതുകൊണ്ട് തന്നെയാ ഞാൻ അവളോട് പോയി കോളാൻ പറഞ്ഞത് ആ പെരാന്റി തള്ളേന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് നിനക്കറിയോ പറഞ്ഞോളി കേട്ടോളാം സുചിതന്ന് പറയുന്ന പെണ്ണിനെ തന്റെ ഭൂമി ഗോവീനെ കൊണ്ട് കെട്ടിക്കണോന്ന് ഇ കരിയോന്നും വേണ്ട അനക്കത്ര നിർബന്ധാണെങ്കിലും പോയിക്കോട്ടെ എന്തിട്ടേ ഓല ഓല മതത്തി ആ ഗോപിക്ക് അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തോട്ടെ എൻറെ ആചാരേ ഇങ്ങളെ പെണ്ണുങ്ങൾക്ക് പുത്തിയത് തൊട്ട് തീർപ്പിച്ചിരിക്കില്ലെന്ന് ഏലീന്ന ഖലുബാണവരാനെ ഓളെ എന്താ ആ അതെന്തെങ്കിലും അങ്ങായിട്ടെ ഞമ്മക്ക് ഞമ്മളെ കാര്യം പറയാലോ മീറ്റിങ്ങില് ഞമ്മക്ക് പത്തോറുപ്യ കിട്ടി അതേ എഴുപതിനായിരം റുപ്യ ൂല ചുരുങ്ങിയത് ഒരു ലക്ഷെങ്കിലും പോണന്നല്ലേ ആകാരെയ പറയണേ അവ ഹിന്ദുക്കൾ അമ്പലത്തിന്റെ പിരിവ് തുടങ്ങിയിക്കുന്ന കേട്ടല്ലോ ആ അതല്ലോ ദൈവത്തിന്റെ കാര്യല്ല ഇന്ന് അങ്ങനെ ഓലെ ഞമ്മളെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തല്ല അവരാനെന്തെയു ഇനിയും ചെലപ്പം പള്ളിക്കാറും അമ്പലക്കാറും ഉണ്ണിച്ച് നിൽക്കേണ്ടിയും വരും അതെന്തിനാന്ന് പള്ളി അമ്പലവും നിക്കണേ ആ താണപരദേശത്തല്ലേ അയിന് ഞമ്മക്കത് ബോധിക്കാൻ കഴിയാ ഞാന് കേക്കും പാടത്തോല് ബന്ധുകെട്ടിയാല് വെള്ളം ഒഴുകിപ്പോവ അമ്പയ്ക്ക പിന്നെ പള്ളിയും കാണൂല അമ്പലവും കാണൂല അതുമല്ല എന്റെയും പരമേശ്വരൻ നായരെയും പോലത്തെ കുറച്ചാൾക്കാരെ ടങ്ങളിൽ വെള്ളത്തിന്റെ കുത്തുവയ്ക്കിൽ അങ്ങാട്ട് ഒലിച്ചു പോവുകയും ചെയ്യണോ ബണ്ട് കിട്ടിയാൽ ഇപ്പ്രദേശത്തുകാർക്കും ഒരു രക്ഷയായിരുന്നു അത് ഞമ്മൾ ഓർക്കണില്ല ശീച്ചയും പറിച്ച തമ്പുരാന് വിട്ട് കൊടുത്താൽ ഉസ്മാൻ പേരിണ്ട് ഉസ്മാനെ ഇക്കൊല്ല കേടത്ത് ബണ്ട് കിട്ടുവോ അതൊക്കെ ദേശക്കാരന്റെ കാര്യ അത് അവരാലോചിക്കും ഞാനിപ്പോ വന്നതെ മറ്റൊരു കാര്യത്തിനാ ും കാര്യണ്ട് ഞാനിവിടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാൻ ഇവളെ കണ്ടു കഴിഞ്ഞാ പിന്ന അവിടെ നടക്കാൻ പോന്ന് ആരെ കൊണ്ടാ നിയന്ത്രിക്കുവാൻ കഴിയാ അതിനു മറുപടി പറഞ്ഞിട്ട് പോയാ പറയാ അന്ന് ഈ വീടിന്റെ പിന്നിൽ വന്നടിഞ്ഞ ശവം ആരുടേതായിരുന്നു ആരിക്ക നിങ്ങൾ ആ ഒഴുക്കിലേക്ക് കുത്തി മാറ്റി അത് സുനിതയുടെ ശവമായിരുന്നു അമോനെ അറിഞ്ഞിട്ട് വേണ്ടപ്പെട്ട ആ ശവം കണ്ടിട്ടെങ്കിലും ജാനകിയമ്മക്ക് സത്യം ബോധ്യപ്പെടുമായിരുന്നു ഇങ്ങനെ ഒരു പ്രാന്ത അവർക്ക് പിടിപെടില്ലായിരുന്നു പറയണത് അല്ലെന്താ തീർച്ച ഈ പ്രദേശത്ത് മറ്റൊരു പെൺകുട്ടിയെയും കാണാതായ വിവരം കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ബാപ്പ് വിഷമിക്കണ്ട സുബൈദയെ നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോ അവളെ ഒരുത്തിന് കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ ആ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ബാപ്പ് ഭയപ്പെടുന്നൊന്നും സംഭവിക്കാതിരുന്നാലും മതിയല്ലോ ഞാൻ അവളെ കെട്ടിക്കോളാം ആയിക്കോട്ടെ മോനെ ബാപ്പ എന്തു പറയുന്നു ആയിക്കോട്ടെ എന്ന് പറഞ്ഞോളീന്ന് ഇവളെ ബാപ്പാനോട് ഇങ്ങള് ചെയ്തേനെ പഠിച്ചോ നിങ്ങക്ക് പുറത്തു തരൂഷ്ട്ട ഉസ് ഉസ്മാനെ എന്താ ഗോപി ഞാൻ സുബൈദയും കൊണ്ട് അങ്ങോട്ട് പുറപ്പെടാൻ പോവാണ്ട െ ജാനക മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് ഓടി പോയെന്ന് ഇങ്ങോട്ട് എത്തിയെന്ന് നോക്കാനാ ഗോപി വന്നത് ഞാനും ആ കാപ്പി ചിത്രങ്ങളൊക്കെ വേണ്ടിയിട്ടാണോ എന്റെ കാൽബു പോസ്ലാമികൾ തന്നെ എവിടെ കത്തുപോടുന്നു കരയുന്നുണ്ടെങ്കില് ഓർക്ക് വേണ്ടി കരഞ്ഞോടിയേ സഹിക്കാൻ കഴിയൊന്നില്ല ആചാര്യേ നമുക്ക് ആര്ക്ക് വേണ്ടിട്ട് ആടെ അഞ്ഞിങ്ങനെ വിറളി എടുത്ത് നടക്കണേ നിങ്ങക്കും ഞാനു ഒരു ഇസ്ലാമാ എന്തു ചെയ്യണമെന്നു എന്ത് പറയണോന്നു എനിക്കറിയാം എന്റെ നാവുമ്പലും മനസ്സുമലും കേറിയിട്ടില്ല നിന്റെ കളിയുണ്ടല്ലോ അതിന് ഇനിയാ സമ്മതിക്കൂല പോയാ പണിയും നോക്കിട്ട് ചെല്ലു അമ്മ പട്ടിണി കിടക്കായിരുന്നു ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ച അതും ഈശ്വരേഷ് ആണെന്ന് അച്ഛൻ പറയും അമ്മ എവിടെ കൊണ്ടുവന്ന് കിടത്തിട്ട് കാറ്റും ആരും വരില്ല അപ്പോ അമ്മയുടെ കാര്യം അവളൊക്കെ നോക്കി നിന്ന് സഹിക്കേണ്ടി വന്നു അച്ഛാണ്ടോ എന്താ എന്താ അവിടെ ഒരു വീട് തകർന്ന് വീഴുന്നു എവിടെ പറയാം അച്ഛാ കണ്ടോ എൻ്റെ അച്ഛ അച്ഛാ വലിച്ചും പോവുകയാണോ കൊടുങ്കാറ്റിൽ മാളികിട്ടിറങ്ങി വന്ന ഞാൻ മരിക്കുകയാണെങ്കില് ആരെങ്കിലും കണ്ടുകൊണ്ട് മരിക്കാലോ പ്രാർത്ഥിച്ചോ വേറൊരു വഴി ആർക്കും ഇല്ല കേശാമ്പയത്തിൽ ഒരു മരുന്ന് വന്നിട്ട് ഞാനത് കൊടുക്കട്ടാ ിഴക്കും ഭാരത്ത് ബണ്ട് കിട്ടാൻ ശ്രമം നടന്നപ്പോ നമ്മളത് എതിർക്കരുതായിരുന്നു പറഞ്ഞിട്ടാ ഞാൻ എതിർപ്പിന് കൂട്ടുന്നത് മാപ്പിള്ളരുണ്ടായിരുന്നല്ലോ എതിർക്കാൻ അത് നമുക്കൊരു ന്യായമാക്കിക്കൂടെട്ടാ അമ്പലത്തിന്റെയും പള്ളിയുടെയും പിന്നിലൊളിഞ്ഞിരുന്ന് നാം ഈ പ്രദേശത്ത് വരെ ആ ഭാഗത്തെ നിലകുടമകൾക്ക് വേണ്ടി അന്ന് വന്ന് കയറിയേക്കും ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചില്ലേ അതൊരു തെറ്റായി പോയി എന്നാണോ വിവക്ഷ അത് കേട്ടിട്ട് എന്റെ മോൻ എന്നോട് ചോദിച്ചു എവിടെ വിളിച്ചാലും ദൈവങ്ങൾ വിളി അമ്പലത്തിലും പള്ളിയിലും പോകാൻ എന്തിനാടുന്നത് എന്തായി എന്താടാ അമ്മ മരുന്ന് കഴിക്കുന്നില്ല ഒഴിച്ചു കൊടുക്കുമ്പോ തുമ്പി കളയോട് മാത്രമാണ് അവളോട് മരുന്ന് മറ്റൊന്നുകൊണ്ടും എന്റെ ജാനകി രക്ഷപ്പെടില്ല ഏട്ടൻ എന്താ ഒന്നും മിണ്ടാറി നിൽക്കുന്നത് അയ്യോ അച്ഛാ അമ്മ ടുത്ത് ഞാൻ പോകും എന്റെ അമ്മയെ ഈ അവസ്ഥയിൽ വിട്ടോ അതെ അച്ഛാ ഞാൻ തിരിച്ചു വരുന്നത് സുനിതയും ഉണ്ടായിരിക്കും ഇപ്പോ അമ്മയുടെ സുനുദെ സുബൈദേ അതിന് ആ ഹാജിയാരും അയാളുടെ സമുദായവും ഒരിക്കലും നിന്നെ അനുവദിക്കില്ല ആ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല അങ്ങനെ അവളേം കൊണ്ട് നീ ഇങ്ങോട്ട് വന്ന നിന്റെ വലിയച്ഛനായ ഈ പരമേശ്വരൻ നായർ ഇവിടെ കാണില്ല ഈ വീട്ടിലിപ്പോ വലിയച്ഛനല്ല പ്രശ്നം അമ്മയാണ് ഞാൻ കാരണവരായിട്ടുള്ള ഹൈന്ദവ കുടുംബത്തിന്റെ പ്രശ്നമാണിത് ഹാജിയാരും അയാളുടെ സമുദായത്തിന്റെ പേരിലല്ലേ നമ്മളോട് സംസാരിച്ചത് അച്ഛനെ ആ സ്കൂളിലൊന്ന് പോയി നോക്കണം ജാതി മതങ്ങളുടെ മതിലുകൾ അവിടെ പൊളിഞ്ഞുകിടക്കുന്നു അവിടെ എത്തിപ്പെട്ടവർ സ്വന്തം പേരുകളും വിശ്വാസങ്ങളും അന്വേഷിക്കുന്നില്ല ഗോപി ഞാൻ അമ്മയ്ക്കൊരു മരുന്നായിട്ടാ വന്നിട്ടുള്ളത് ഉസ്മാൻ പരമേശ്വരൻ തോൽപ്പിക്കാനായിരിക്കും എന്നെ തോൽപ്പിക്കാൻ അതുമല്ല പിന്നെ എന്തിനാണാവോ ഈ എഴുന്നള്ളത്ത് ഇവിടെ ഗോയിന്നായ വെണ്ണുങ്കില് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാണ്ട് കിടക്കുക ഉസ്മാൻ ബന്ദ് പറഞ്ഞു തൽക്കാലം കുറച്ച് ആശ്വാസായിക്കോട്ടെ ഉസ്മാനും ഇന്ത് പെണ്ണുങ്ങളും പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ടു വന്നതാ പിന്നെ ഓൾ ഇവിടെ അങ്ങനെ കുടുങ്ങിപ്പോണ്ടെന്ന് വിചാരിച്ച് തിരിച്ച് കൂട്ടിക്കൊണ്ടുപോവാൻ വല്യ കാരുണ്യ പോയി ആവശ്യപ്പൂവ പയേ വിചാരിച്ച് തന്നെയാ നിങ്ങൾ എനിക്ക് ഭൂമി വിൽക്കുമ്പോ ആടെ പള്ളി പണിയാൻ പാടില്ല എന്ന് പറഞ്ഞൊന്ന് വിൽക്കുന്ന ഒരാളും അങ്ങനെ പറയാനും പാടില്ലാത്തതാ എന്തായാലും അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കുന്നവനാ ഞാൻ ഇനി അതിന്റെ കണക്ക് പറയണ്ട ദുരന്തെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ പഴയ തുറന്നു വെച്ചിട്ട് തന്നെയാണ് ആരെ പറയുന്നേക്ക് ഞമ്മളെ കണക്കും ഉണ്ട് കെട്ടി ചത്തളും ആഹാ എന്റെ ഭാര്യ മരിച്ചപ്പോ നിങ്ങൾ കരഞ്ഞു അങ്ങ് തന്നെയാ ഞമ്മളെ പുന്നാല അത് ഇങ്ങളും ചെയ്തിട്ടാന്ന് അമ്പലം ഈ സമയത്താണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈ സമയത്തിന് എന്താ കുഴപ്പ സമയത്തിന്റെ അല്ല സ്ഥലത്തിൻറെ സമയവും കാലവും തെറ്റിക്കുന്ന പ്രളയത്തിന്റെ മുന്നിലാണ് നിക്കുന്നോർക്കണം കലങ്ങി മറിഞ്ഞ് കൂലം കുത്തി ഒഴുകുന്ന ആ ഒഴുക്കിലേക്കൊന്ന് ചാടി ഇറങ്ങി നോക്കാമോ നിങ്ങക്ക് കീരിയും പാമ്പും കോഴിയും കുറുക്കനും ആടും ചെന്നായും ഒക്കെ അതിൽ കാണും പരമേശ്വരൻ നേരെ എന്നാൽ സ്വയം പഠിച്ചാൽ മതി അള്ളാഹു ആയാലും മനുഷ്യരുടെ മനസ്സുകളിലാണ് അവരില്ലെങ്കിൽ ദൈവങ്ങളുടെ ആസ്ഥാനങ്ങൾ എവിടെയായിരിക്കും അമ്പലങ്ങളുടെയും പള്ളികളുടെയും അർത്ഥങ്ങൾ പിന്നെ എന്തായിരിക്കും അതുകൊണ്ട് ആദ്യം മനുഷ്യരെ രക്ഷിക്കുന്ന കാര്യം പറയൂ അവരെ രക്ഷിച്ചാൽ അമ്പലങ്ങളും പള്ളികളും അവര് തന്നെ പണിതുകൊള്ളു എന്റെ ബാപ്പയോടും കൂടിയാ ഞാനിത് പറയുന്നത് ജാനകി അമ്മയ്ക്ക് ഭ്രാന്താണെന്ന് നമുക്ക് പറയാം ആ ഭ്രാന്ത് നിങ്ങൾ അതിനരുത് അമ്പലവും പള്ളിയും വെള്ളത്തിലാകുമെന്ന് പറഞ്ഞ് മനുഷ്യര് മറക്കുന്നവരാ നിങ്ങൾ പടച്ചു തമ്പുരാൻ പടച്ചത് മുസ്ലിങ്ങളെ മാത്രമാണോ ബ്രഹ്മാവ് സൃഷ്ടിച്ചത് ഹിന്ദുക്കളെ മാത്രമാണോ കുറച്ചു ഈ ജാതി മതങ്ങളുടെ വേലിക്കെട്ടിൽ നിന്ന് പുറത്തു വന്ന് ഈ അവസ്ഥയെ കാണാൻ കഴിയൂ അമ്മയുടെ രൂപം മനസ്സിന്റേതാണ് വന്ന് വിളിച്ചപ്പോ അമ്മ കണ്ണുതീർന്നു ആ മുഖത്തുണ്ടായ പ്രകാശം കണ്ടില്ലേ അച്ഛാ അത് നമുക്ക് നിലനിർത്തണം അമ്മ ജീവിക്കണം അതുകൊണ്ട് വല്യച്ഛനോടും ഹാജിയാരോടും പറയൂ അച്ഛ എന്തുപോലെ അമ്മക്ക് വിട്ടുകൊടുക്കാൻ എങ്ങനെ കിട്ടണോ മറുപടി ഞാൻ തരാം അവളെ ഹിന്ദു മതം വിശ്വസിപ്പിച്ച് ഗോപി അവളെ വിവാഹം കഴിക്കട്ടെ എനിക്ക് യാതൊരു എതിർപ്പുമില്ല ഹാജിയാരെ ഞാൻ അതിന് തയ്യാറാണ് എന്നാ ഇ ആദ്യം ഇത സ്വീകരിക്കും ഒരുക്കമാണ് എന്റെ ജയിക്കരുത് നിന്റെ വല്യച്ഛനും ജയിക്കരുത് എളെങ്കിൽ പോടാവിടുന്ന് എന്താണ ഇത് എന്റെ വീടാണ് ആണോ എങ്കിൽ ആ അധികാരം ഇവിടെ നടക്കട്ടെ ഇനി ഞമ്മളിവിടെ നിൽക്കുന്നില്ല നിങ്ങളെ പെണ്ണിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു എന്തിനും തയ്യാറാണെന്ന് എന്റെ മോൻ പറഞ്ഞു കഴിഞ്ഞു അവൻറെ അച്ഛനായ ഞാൻ ഒപ്പുവെക്കുന്നു നിങ്ങളുടെ കല്യാണം കഴിയുന്നവരെ ഈ അമ്മ ജീവിച്ചിരിക്കില്ല ഞാൻ എന്റെ സുനിതമോളെ കൊടുക്കണ ക അമ്മ തരുന്നത് സുലിതയുടെ കൈ ആയിരിക്കും നീ ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഏറ്റുവാങ്ങുന്നത് മതം മാറുകയോ മതം മാറ്റുകയോ ചെയ്യാത്ത എനിക്കും പച്ച ഭ്രാന്ത് എനിക്ക് മാത്രമല്ല അതാ ആ വീടുന്നത് കണ്ടോ ആ തകരുന്നത് കണ്ടോ വണ്ടികൾ അമ്പലന് അതിനുള്ളിൽ നിന്നും ദൈവങ്ങൾ അലറി നിലവിളിക്കുന്നു അതിനുള്ളിൽ നിന്ന് നിങ്ങൾ ദൈവങ്ങൾ രക്ഷിക്കും തനിച്ചു പോകേണ്ട ഹരിയാരെ നിലയും നിലവും ഇതാ ഒരു കൂട്ടുകാരൻ വലിയച്ഛൻ ആളുകൾ ഇനിയും വേണ്ടേ കൂട്ടിക്കോളൂ ോ ചർച്ചുകൾ ഉണ്ടാവും അവിടെയും ഉണ്ട് നിങ്ങളുടെ കൂട്ടുകാർ എല്ലാവരെയും കൂട്ടിപ്പോവിന്ദ്രു നിൽക്കാൻ പറ്റത്തില്ലെന്നോ ഞാൻ ആടിപ്പോകുന്നു ഞാൻ പകറിപ്പോകുന്നു ഞാൻ വെള്ളപ്പൊക്കം നാടകം ഇവിടെ പൂർണ്ണമാവുന്നു രചന കെ ടി മുഹമ്മദ് കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും പരമേശ്വരൻ നായർ വി നാരായണൻ ഗോവിന്ദൻ നായർ വിജയൻ വി കുഞ്ഞാലി ഹാജി രാജഗോപാലൻ കാരപ്പറ്റ അവറാൻ മുഹമ്മദ് പേരാമ്പ്ര ഗോപി വിശ്വൻ നന്മണ്ട ഉസ്മാൻ ഹേമന്ത്കുമാർ മാങ്കാവ് സേതു ഡോ റോഷൻ ബിജലി ജാനകി എൽ സി ബിയാത്തു ടി സൌജദ് സുബൈദ എ എൻ